പറയുക ആകാശഭൂമികളുടെ സൃഷ്ടാവും ഭക്ഷണം നൽകുന്നവരും എന്നാൽ ഭക്ഷണം നൽകപ്പെടാത്തവരുമായ അള്ളാഹുസുബാനഹൂവത്തായാല അല്ലാത്ത മറ്റൊരാളെ ഞാൻ രക്ഷാധികാരിയായി സ്വീകരിക്കണമോ പറയുക ആദ്യമായി കീഴടങ്ങുന്നവരിൽ ഒരാളാകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മുഷരിക്കുകളിൽ ഒരാകരുത്